നമ്പറി ഞാൻ കേട്ടുണ്ട് സംക്രാദ്വീതം ഇതെല്ലാം കേൾക്കുമ്പോ ചോദ്യശേരിയാണ് അതായത് ശങ്കരാണോ ശങ്കരാചാര്യ പറയലും ഇവിടെ പറയുന്നതും കേക്കുമ്പോ പ്രപഞ്ചം തന്റെ ഉള്ളിലാണ് എന്ന് തോന്നുന്നു എന്ന് ഞാൻ പറഞ്ഞു തന്നാണ് ശരിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ശങ്കരാചാര്യ ശരിക്കും അങ്ങനെയാണോ പറയുന്നത് അതിലൊരു വലിയ വ്യത്യാസം അതിനാണ് ഉത്തരമെങ്കിൽ അതായത് ശങ്കരാചാര്യർ പറയുന്നത് താൻ ആത്മാവാണ് തന്റെ ആത്മാവാണ് ആത്മാവിലാണ് പ്രപചിച്ചം ഇതാണ് ശങ്കരാചാര്യം അപ്പോൾ അതിന് രണ്ടും പ്രധാനമായ ഭാവം ഒന്ന് അങ്ങനെ തോന്നുന്നു എന്ന് പറയുന്നതിന് കിട്ടുന്നുണ്ട് ഒന്ന് താൻ ഈ ശരീരത്തിൽ നിന്ന് വേറെയാണ് താൻ ആത്മാവ് ബ്രഹ്മമാണ് ധർമാത്മാവാണ് വേഗമുണ്ട് അതും എൻ്റെ ഒരു ഭാവം മറ്റൊരു ഭാവം ശരീരം ഉൾപ്പെടെയുള്ള പ്രതിന്റെ മിഥ്യാണ് അതും ഈ ആത്മാവൻ അനുഭവപ്പെടുകയാണ് ഇതുപോലെ രജ സർപ്പം പോലെ മരുമരീതിക പോലെ സ്വപ്നം പോലെ അനുഭവപ്പെടുന്നു ഇതാണ് സംഗ്രഹാര ഈ ചോദ്യം വളരെ കറക്റ്റായ ചോദ്യമാണ് ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നവരാകെ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റും കടത്താവിൽ ഞാൻ ആദ്യം മനസ്സിൽ തുറന്ന അഭിനന്ദിനിയാണ് അങ്ങനെ ചോദിച്ചുകൊണ്ട് അങ്ങനെ ഇങ്ങനെ പറയാനൊരു അവസരമുണ്ട് അപ്പോ ഇനി വാസിഷ്ടത്തിന്റെ നിലപാട് വാസിഷ്ടം ഇവിടെ പറയുന്നത് എന്താണ് കഴിഞ്ഞ ദിവസം പറഞ്ഞതിനെ ം ശ്രോ അന്തർബുദ്ധതയായിരുന്നു ശ്രോതാവിന്റെ ഉള്ളിൽ ഈ പ്രപഞ്ചം ബോധികൾ അനുഭവപ്പെടുന്നു ഇതിന്റെ രണ്ടു നമ്മുടെ വ്യത്യാസം എന്ന് പറയുന്നത് ശങ്കരാചാര്യർ പറഞ്ഞ ഒരു ഫിലോസഫിക്കൽ ഇൻസൈറ്റ് ആണ് ഇവിടെ പറയുന്നത് ഒരു ഇമോഷണൽ എക്സ്പീരിയൻസ് ആണ് രണ്ടും വ്യത്യാസം അതൊരു ഗൗരവതരമായ വ്യത്യാസം അത് ചങ്കരാചാരി പറയുന്ന ചങ്കരാചാരി പറയുന്നൊരു ഫിലോസഫിക്കൽ കൺസിസ്റ്റൻസിയും ഭാഷയത്തിനുള്ളവരിൽ പറയുകയാണെങ്കിൽ പിന്നീടുള്ള പാഠപുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു തൊണ്ണൂറ് ശതമാനം എന്റെ ഒരു കാഴ്ചപ്പാടാണ് പറയുന്ന കാര്യം ആവർത്തിക്കും ഒരു പത്ത് ശതമാനം കോൺട്രഡ്യൂക്ഷൻസും ഉണ്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ നോട്ട് ചെയ്യും അവിടെ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത് എന്താണ് ബ്രഹ്മസത്യമാണോ പ്രതിനിധ ഈ ആശയം ബോധ്യപ്പെടുകയാണ് ശ്രവണ മനുഹാസങ്ങളിലൂടെ അജ്ഞാന സംശയ വിവേയങ്ങളെ നഷ്ടിച്ച് ഈ ഒരു സത്യത്തെ ബോധ്യപ്പെട്ട് നിശ്ചയാത്മകമായിട്ടാണ് തത്വനിശ്ചയത്തെ കുറിച്ചാണ് ശങ്കരാശ്ചയൊരു ജാനമാണ് എന്തുകൊണ്ട് ശങ്കരാചാര്യർ മായ ജ്ഞാനം എന്ന് പറഞ്ഞ് ഇതിന് ഇത്രയും എന്താ കാർ ആ ഞാൻ സംശയത്തിലും നശിക്കണമെങ്കിൽ നിശ്ചയാത്മകമായൊരു ജ്ഞാനം ഉണ്ടായാലേ അല്ലാതെ ഞാൻ സംശയ ഇന്ത്യയും നശിച്ചു നമ്മുടെ ശങ്കരാചാര്യ വിശിഷ്ടയിലെപ്പോഴും ഈ നിശ്ചയാത്മകമായ ജ്ഞാനമാണ് ഈ നിശ്ചയാത്മകമായ ജ്ഞാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണോ ഒരു ഭാഷയെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ അതൊരു ബൗദ്ധികമായ നിർണയമാണ് ശ്രുതിയെ വ്യാഖ്യാനിച്ചും ശരി തർക്കത്തിലൂടെ ആയാലും ശങ്കരാനയായിട്ട് എന്റെ ബൗദ്ധിക ശേഷി ഉപയോഗിച്ചിട്ട് അതിനെ ഉറപ്പിക്കുകയും പ്രധാന പിന്നെ ശ്രുതിയാണെന്ന പ്രമാണമെന്നൊക്കെ പറയുന്നത് ട്രഡീഷൻ പക്ഷെ ശങ്കര ചെയ്യുന്നതാണ് അതാണ് ഇത്രയും വിസ്തൃതമായ ഒരു ഇന്റലക്ച്വൽ കസെഷനാണ് ബുദ്ധി കൊണ്ട് ഉറപ്പിക്കുകയാണ് ബ്രഹ്മമാണസി അതാണത്താൽ പ്രപഞ്ച വിദ്യ ഇതിനെ നമുക്ക് പറയാം ഇതൊരു ഐഡിയയാണ് ഒരാശയാണ് ചന്തല്ല എക്സ്പീരിയൻസ് ഇത് ഭക്ഷ്യത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭക്ഷ്യത്തിൽ അങ്ങനെ പറയുന്നു അത് അനുഭവത്തെക്കുറിച്ച് ഞാൻ വന്ന സന്ദർഭങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്താണ് എന്ന് പറയുന്നത് അതേ അനുഭവ നിസായ പറയുന്നതാണ് കേട്ടില്ല അറിവ് തന്നെ അനുഭവം അതിന്റെ പ്രത്യേകതയാണ് അറിവനുഭവം എന്ന് പറയുന്നത് ശരി സർവ്വസാധാരണമായ അനുഭവം ചന്ദ്രകാരി പറയുന്നത് എന്താണ് നിങ്ങളുടെ അനുഭവത്തിലുള്ള കാര്യമാണ് ശ്രുതി പറയുന്നത് യുക്തിയിലൂടെ ഉറപ്പിക്കുന്നത് എല്ലാം സ്വാനുഭവത്തിലുള്ള കാര്യമാണ് എന്തുകൊണ്ടത് നമ്മൾ മുസ്ലിം പ്രകാശവും അത് അനുഭവരൂപമാണ് ബുദ്ധി നിശ്ചയിച്ചന് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയുന്നത് എന്താണ് അത് ഗീതാപക്ഷത്തിൽ വ്യക്തമായും പറയുന്നുണ്ട് അതിന് അവിടെ ഒരു ഒബ്ജക്റ്റീവ് അസർഷനാണ് വസ്തുനിഷ്ഠമായി അതിനെ വിശദീകരിച്ച് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് അലമറിച്ചതിന് വേണ്ടി പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇതിനു വേണ്ടിയിട്ടാണ് അധ്യാരോപങ്ങളെ നിവർത്തിക്കാൻ വേണ്ടി രീതിയിൽ അപ്രമേയങ്ങളും കുറേ വാക്കിന്റെ പ്രത്യേകിച്ച് പലയിടത്തും പറയും പ്രമേയമുണ്ടാക്കുന്നതിൻ്റെ പ്രമേയം ഇങ്ങനെ ഉണ്ടാകും പ്രമേയം എന്ന് വെച്ചാൽ ക്രമയ്ക്ക് വിഷയം അറിവിനു വിഷയം പ്രമേയം എങ്ങനെയാണ് ക്രമയ്ക്ക് വിഷയമാണ് എങ്ങനെ അതിനെക്കുറിച്ച് നിശ്ചയാത്മകമായ ഞാനുണ്ടാകും വസ്തുനിഷ്ഠമായ ഒരു ജ്ഞാനമാണ് ഉണ്ടാക്കുന്നത് മറിച്ച് അതിൻ്റെ അധ്യാരോപിതമായിരിക്കുന്ന എന്തൊക്കെയാണോ അതിനൊക്കെ നിരാകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിശ്ചയിച്ചത് അതിനാണ് ശുദ്ധി പറയുന്നത് ലൈരി ലൈരി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് യഥോ വാചോ എന്ന് പറയുന്നത് മനസ്സുകൊണ്ടാണ് പറയുന്നത് എല്ലാ ശബ്ദങ്ങളുടെയും ലക്ഷ്യമാണ് പശ്യമല്ല അതിനെ വാക്കുകൊണ്ടെങ്കിലും ഉറപ്പിക്കും മനസ്സുകൊണ്ടെങ്കിലും വിഷയമാക്കും ഇനി വാക്കുകൊണ്ട് അറിയുന്നു മനസ്സുകൊണ്ട് ഉറപ്പിക്കുന്നു എന്ന് എവിടെയെങ്കിലും പറയണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്താണ് സ്വാഭാവികമായ തത്വത്തെ പാകം മനസ്സുകളൊക്കെ നിർബാധികമായ സത്വം എന്ന് പറയുന്നത് അതിന് വിഷയമാണുണ്ട് അതിനെക്കുറിച്ച് വിശദമായി ഭാഷ ബ്രഹ്മസൂത്ര ഭാഷ വ്യാഖ്യാനത്തിന് വാചക ചർച്ചയും ിരി സങ്കരായത്തിന്റെ നിലപാട് അവിടെ എന്താണ് സംഗ്രഹകൾ പറയുന്നത് മൊത്തത്തിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ളൊരു ഇന്റലക്ച്വൽ ക്ലാരിറ്റി അതാണ് മാംസപ്പെടുന്നത് അപ്പൊ ഇത് പിൽക്കാലത്ത് വന്നു വന്നിട്ട് എക്സ്പീരിയൻസ് ആയിട്ട് ആൾക്കാർ മാറ്റി ഒരുപക്ഷെ കാരണം ഈപക്ഷകാലും സന്താചാര് പറഞ്ഞതിന് തെറ്റായി മിസ്ഇന്റർപ്രിട്ടേഷനായി വ്യാഖ്യാനിച്ചിട്ട് തനിക്കുണ്ടായ ഈ പറയുന്ന എക്സ്പീരിയൻസ് അതാണ് ശ്രദ്ധരായകൾ പറഞ്ഞത് അനിച്ചയിരിക്കാം ശേഷമാണ് എന്റെ കാഴ്ചപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഈ എക്സ്പീരിയൻസിന് എത്രയും വലിയ പ്രാധാന്യം ഇത് ഇൽക്കാലത്ത് വന്നിട്ടുള്ള ആധുനികന്മാരായ ഒരുപാട് അദ്ദേഹാചാര്യന്മാരെല്ലാം അങ്ങനെ എന്ന് പറഞ്ഞ് സായിപ്പന്മാരെ പറ്റിച്ചിട്ടുണ്ട് അതൊരു എക്സ്പീരിയൻസാണ് ആ എക്സ്പീരിയൻസ് പറയുന്ന കേട്ടാക്കും എനിക്കുണ്ടെന്ന് ഇപ്പൊ സായപ്പന്മാരെല്ലാം ഇയാളെ പറയുമ്പോൾ ഈ എക്സ്പീരിയൻസ് അവസാനം ഉള്ളി തൊഴിച്ചതുപോലെ ആകുകയും ചെയ് ചിലർക്കൊക്കെ ഉണ്ടാകും എക്സ്പീരിയൻസ് ചിലർക്ക് ഉണ്ടാകും അപ്പൊ ശങ്കരാ പറയുന്നത് ഈ പ്രപഞ്ചം സ്വപ്നമാണെന്നല്ല പറയുന്നു പ്രപഞ്ച സ്വപ്നവർ പ്രപഞ്ചം മരും മരീചിക എന്നല്ല പറയുന്നത് മരും മരീചിക സദൃശം ഈ പ്രപഞ്ചം രണ്ടുപേരെ സർപ്പം എന്നല്ല പറയുന്നത് രണ്ടു സർപ്പവർപ്പാണ് പക്ഷെ ഇവിടെ പറയുന്ന എന്തായിരിക്കും ഈ പ്രപഞ്ചം രണ്ടും പ്രമേയങ്ങളാണ് സ്വപ്നമർത്തൊന്നും പറയും സ്വപ്നം എന്നാലും ഇവിടെ പ്രാധാന്യം വരുന്ന എന്താണ് ഈ സ്വപ്നമാണ് പ്രപഞ്ചം മനു മരീചുകയാണ് ഇന്ന് എന്താണ് പ്രപഞ്ചത്തെ ഞാൻ സ്വപ്നമായി അനുഭവിക്കുന്നു ശരി പ്രപഞ്ചത്തെ ഒരാൾക്ക് സ്വപ്നമായി അനുഭവിക്കാൻ പറ്റുമോ പ്രപഞ്ചത്തെ മരുമരീതിയായിട്ട് ഒരാൾക്ക് അനുഭവിക്കാൻ പറ്റുമോ പറ്റും എന്നാണ് ആധുനിക ന്യൂറോ സയൻസോ ഈ ആചാര്യന്മാർ മാത്രമല്ല പക്ഷെ അത്രയൊരു അനുഭവം എപ്പിസോഡിലായി ചിലപ്പോ ഒരു നിമിഷം ചിലപ്പോ ഒരാഴ്ച ചിലപ്പോ ഒരു അതി കൂടുതലൊക്കെ നിൽക്കുകയാണെങ്കിൽ സൈക്കോതെറാപ്പി ആവശ്യം പണ്ടത്തെ കാലത്ത് ഈ സൈക്കോതെറാപ്പി ഇല്ലാത്തവരാണ് ഈ അവധൂതന്മാരെല്ലാം ഉണ്ടായത് ആർക്കും ബുദ്ധിമുട്ട് തോന്നുന്നത് ഞാൻ പറയുന്ന സയൻസിന്റെ വായിച്ച സ്വപ്നം എന്ന് പറയുമ്പോഴത്തേക്കാണ് പ്രപഞ്ചത്തെ സ്വപ്നമായി കാണുന്നത് ചർച്ചയിൽ നിന്നാണ് പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് റിയാലിറ്റിയെക്കുറിച്ച് സംഘടന കുറയുന്നത് എന്താണെങ്കിലും ബ്രഹ്മത്തിൽ നിന്ന് വേറെ സ്വതന്ത്രമായൊരു റിയാലിറ്റി ഇല്ല അത് യുക്തിയിലൂടെ സമർപ്പിക്കുന്നു തർക്കത്തിലൂടെ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ യുവ സത്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ തർക്കത്തെ യുക്തിയെ മനസ്സിലാക്കുക എന്ന് ആ ഒരു ആശയത്തെ മനസ്സിലാക്കാൻ തുടങ്ങാം ഭക്ഷ്യത്തിൽ നിന്ന് അത്രയും സാധിക്കും പക്ഷേ ചില ഭാഗങ്ങൾ നമ്മൾ വിചാരം ചെയ്യുന്നു കഴിഞ്ഞാൽ വിചാരണ എന്ന് പറഞ്ഞ പോലെ ഓവർ കാരണം ഈ പുൽക്കാലത്ത് നിന്ന് പാട്ടു പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ആ വേദാന്ത ഉണർന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നതുവരെ വേദാന്തം തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കണം അതിനാണ് ഓവർ തിങ്കിങ് എന്നുള്ളത് ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഇത് അനുഭവം നമുക്കുണ്ടാക്കി രണ്ടുതത്തിലാണ് ന്യൂറോസോൻസ് ഡി പേഴ്സണലൈസേഷൻ ഡിസോർഡർ രണ്ടാമെന്ന് പറയുന്നത് ഡീ റിയലൈസേഷൻ ഡിസോർഡർ പിന്നെ ക്ലിനിക്കൽ ഡിസോർഡർ ഒന്നും ബ്രഹ്മുമായിട്ട് ഒരു ബന്ധമില്ല ഇതേ പ്രശ്നം നിങ്ങളുടെ ചിന്തയുടെ പ്രശ്നമാണ് ഇത് ചിന്തിക്കാതെ എന്ന് സംഭവിക്കാം ഈ ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ തന്നെ സ്ട്രെസ് ഉണ്ടാവുക മറ്റു പല പ്രശ്നങ്ങളുണ്ടായാലും ഈ പ്രശ്നത്തിൽ സൈക്കോസിസ് ആയിട്ടല്ല കാണുന്നത് മനശാസ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ബ്രെയിനിന്റെ എന്തെങ്കിലും തകരാറായിട്ടും ബ്രെയിന് സ്ട്രെസ് കൂടുമ്പോ അത് ചിന്ത കൊണ്ടും വരും ഇരട്ടവടക്ക ചിന്തിക്കുക ഒരേ കാര്യം ബ്രെയിനിൽ സ്ട്രെസ് ഉണ്ടാവും അപ്പോ ബ്രെയിനൊരു പ്രൊട്ടക്ഷൻ മോഡിലേക്ക് മാറും അപ്പോ ആ സ്ട്രെസ് എന്നുള്ള നമ്മുടെ മനസ്സിലല്ല നമ്മുടെ നെർവസ് സിസ്റ്റത്തിലാണ് സ്ട്രെസ് ബ്രെയിൻ നർവസ് സിസ്റ്റം അങ്ങനെ ഒന്നു കഴിഞ്ഞാൽ ബ്രെയിനിന്റെ ഡ്യൂട്ടിയാണ് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അതിന്റെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ ഭാഗമാണോ നിങ്ങൾ എന്താണോ കഷ്ടപ്പെട്ട് ചിന്തിക്കുന്നത് എന്താണ് ഇത് മിഥിയാണ് മിഥിയാണ് മിഥിയാണ് എന്നുള്ളത് ബ്രെയിൻ അതിനെ തന്നെ ക്രിയേറ്റ് അങ്ങനത്തെ സമാനമായി ബ്രെയിൻ നിങ്ങളെ സഹായിക്കും അപ്പൊ അവിടുത്തെ സ്ട്രെസ് കുറയും അപ്പൊ നിങ്ങൾക്ക് ഒരു എപ്പിസോഡിക്കായിട്ട് ആയിട്ട് സ്വപ്നമാണെന്ന് ഇങ്ങനെ അവിടെ സംഭവിക്കുന്നതിന്റെ ഫലമായി സംഭവിക്കുന്നത് ഇമോഷണൽ ഡിസ്കണക്ഷൻസ് കേട്ടില്ല അലോസിനേഷൻ എന്ന് പറയുന്നത് ഇതൊക്കെ മോഡേൺ ന്യൂറോ സയൻസ് പറയുന്ന നമ്മുടെ എല്ലാ അനുഭവങ്ങളും അലോസിനേഷനാണ് പക്ഷെ അദ്വൈതം പറയുന്ന പോലെ ഇന്യൂഷനാണ് പ്രത്യേകിച്ച് ഒരു അനുഭവം തെളിഞ്ഞാ നോക്കത്തില്ല കാരണം എല്ലാ അനുഭവങ്ങളും അത് പറയുന്നത് അനുസേത്ത് അനുസേത്ത് എന്ന് പറയുന്ന സയന്റിസ്റ്റ് റൂത്ത് എന്ത് ആണോ പേരിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എല്ലാ അനുഭവങ്ങളും അതിനോ സുരേഷനാണ് പക്ഷെ ഇന്യൂഷനല്ല അതങ്ങനെ പറയാൻ കാരണമല്ലോ ഞാൻ വിഷയത്തിലേക്ക് വിവരം ഇതിനെ പറയുന്നത് നമ്മുടെ ബ്രെയിൻ നമ്മുടെ ഈ ചുറ്റുപാടുകളെ റെക്കോർഡ് ചെയ്യേണ്ടത് റെക്കോർഡിംഗ് നടക്കുന്ന മൂവി ക്യാമറ ഓൺ ആയിട്ട് ക്ലിഫ് ബോൾ വെച്ച് ഇങ്ങനെ പടം പിടിക്കേണ്ടത് റെക്കോർഡ് ചെയ്യേണ്ടത് മറ്റവിടെ രണ്ട് പ്രോസസ്സാണ് ഒന്ന് ബ്രെയിൻ്റെ ഒരു ക്രെഡിക്ഷൻ രണ്ടാമത്തെ സെൻസറി ഇൻപുട്ട് അതിന്റെ കറക്ഷൻ ഇതിന സംഭവിക്കുക അപ്പോ ഇതിന്റെ നമ്മുടെ സെൻസറി ഇൻപുട്ട് ഉള്ളിലേക്ക് വരുമ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടുകൊണ്ട് ഈ പുസ്തകത്തിലാണ് സെൻസറി ഡാറ്റാസ് എന്റെ റെട്ടിൻഡയിലൂടെ വിഷ റിപ്പോർട്ട്ലേക്ക് പോകുന്നത് എന്റെ ഈ റെട്ടിൻഡയിൽ കുറെ ബ്ലാക്ക് സ്പോട്ടുകളുണ്ട് ബ്ലൈൻഡ് സ്പോട്ടുകൾ ബ്ലൈൻഡ് സ്പോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫോട്ടോ സെൻസേഴ്സ് ഉണ്ടായിരുന്നില്ല ഫോട്ടോൺ സെൻസേഴ്സ് പുറത്തുനിന്ന് വരുന്ന ഈ പ്രകാശത്ത് സ്വീകരിക്കുന്നതിനുള്ള സെല്ലിനും പ്രവർത്തനമായ സെല്ലുകൾ അവിടെ നടക്കുന്നുണ്ട് സെൻസർ അവിടെ ഉണ്ടായിരിക്കും ഫോട്ടോൺ റെസിപ്റ്റേഴ്സ് എന്നൊക്കെ അങ്ങനെയാണ് ബ്ലൈൻഡ്നെസ് സ്പോട്ടുണ്ട് നമ്മൾ കാറൊക്കെ ഓടിച്ചു പോകുമ്പോൾ കാറിന്റെ ചുറ്റും കുറെ ബ്ലൈൻഡ്നെ സ്പോട്ടുണ്ട് കാണാത്ത വാണാതെയാണ് വണ്ടി ഓടിച്ചു പോകുന്നത് എല്ലാവരും ഒരു വണ്ടി ഡിസൈൻ ചെയ്യുമ്പോഴേക്കെ മാത്രം ബ്ലൈൻഡ് സ്പോട്ട് കുറച്ച് ഡിസൈൻ കുറയ്ക്കാമോ അത്രയും ആ വണ്ടിയില് ആക്സിഡന്റ് കുറവായിരുന്നു ബ്ലൈൻഡ് സ്പോട്ടുകൾ കാൽക്കുലേറ്റ് ചെയ്ത് വണ്ടി ഓടിക്കുന്നതാണ് ഞങ്ങൾ ഡ്രൈനുകളുടെ നമ്മുടെ ബ്രെയിൻ കാൽക്കുലേറ്റ് ചെയ്തോ കാൽക്കുലേഷൻ അവിടെ നടന്നോ കാണാത്ത ബ്ലൈൻഡ് സ്പോട്ടുകൾ ഒഴിവാക്കി നമ്മളറിയുന്നില്ല ഇതുപോലെ നമ്മുടെ ഉള്ളിലേക്ക് ഈ ഡാറ്റാസ് വരുമ്പോൾ ഈ റെസപ്റ്റേഴ്സ് ഇല്ലാത്ത ഭാഗങ്ങൾ എന്ന് വെച്ചാൽ അവിടെ ഡേറ്റാസ് എത്തുന്നില്ല പക്ഷെ ഞാൻ പുസ്തൊസ് നോക്കുമ്പോ ഇവിടെ ഹോളുകളൊന്നും കാണുന്നില്ല ഇത് ഒറ്റപ്രതരമായിട്ടുള്ളതാണ് ഈ ഹോളുകൾ വരേണ്ടതാണ് കാരണം അവിടെ ഡേറ്റാസ് സെൻസിറ്റീവ് ഡേറ്റാസ് എങ്കില്ല പക്ഷെ ബ്രെയിൻ എന്ത് ചെയ്യുന്നു അങ്ങനെ അതാണ് ഹലൂസിനേഷൻ എന്ന് പറയുന്നതിന് ഒരു കാരണം വാസ്തവത്തിലൂടെ എല്ലാത്തിൽ കഴിഞ്ഞിട്ടില്ല പക്ഷെ ഇല്ലാത്തതിനേയും വേണ്ടി പിന്നെയും അങ്ങനെ ഒരു കാഴ്ചയുടെ പൂർണ്ണത നമുക്ക് ഉണ്ടാകും പക്ഷെ ഇത് പ്രൊഡിക്ഷനും കറക്ഷനും രണ്ടും നടക്കുന്നുണ്ട് നമ്മൾ ശരിക്കും കാണുന്നത് റിയാലിറ്റിയാണ് എന്താണ് എൻ്റെ മുമ്പിലുള്ളതെന്ന് ഞാൻ വാസ്തവത്തിൽ പക്ഷെ നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് എന്താണോ പറയുന്നത് കൺസ്ട്രെയിൻഡ് ബൈ റിയാലിറ്റി എന്നാൽ ഈ ഭാഗ്യമായിരുന്ന റിയാലിറ്റി കൺസ്ട്രെയിൻ ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ അനുഭവം അപ്പോൾ നമ്മൾ കാണുന്നത് യഥാർത്ഥ പ്രപഞ്ചത്തെ അല്ല മറച്ച പ്രപഞ്ചത്തിന്റെ ഒരു മോഡൽ ബ്രെയിൻ സൃഷ്ടിക്കുന്ന റിയാലിറ്റി വേറെയാണ് അങ്ങനെ സയന്റിഫിക് റിയാലിറ്റി എന്ന് പറയുന്നത് അപ്പുറത്ത് വേറെയുണ്ട് പക്ഷെ നമുക്കത് റിയാലിറ്റി അങ്ങനെ തന്നെ അനുഭവിക്കാൻ പറ്റില്ല കാരണം ഈ ബ്രെയിനും ഈ ഇന്ദ്രിയങ്ങളും സെൻസറിവ് ഇൻപുട്ടും എല്ലാമുള്ള പ്രവർത്തനം കൊണ്ട് നമ്മുടെ ബ്രെയിൻ ഉണ്ടാക്കി കാണിക്കുന്ന ഒരു പ്രസെപ്ഷനാണ് നമ്മുടെ ഈ അനുഭവം ഇത് ഇതിനെ ഹലൂസിനേഷൻ എന്ന് വിളിക്കുന്ന നോക്കാം എല്ലാം ഹലൂസിനേഷനാണ് അപ്പോ നമ്മുടെ അനുഭവം റിയാലിറ്റിയുടെ ഡയറക്റ്റ് ആയിട്ടുള്ള അനുഭവം റിയാലിറ്റിയുടെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള അനുഭവമാണ് ഇതാണ് വാസ്തവത്തിന് നമ്മൾ ബ്രിന് സംഭവിക്കുന്നത് റിയാലിറ്റിയെ കുറിച്ച് ഫിലോസഫിക്കലായിട്ട് ചിന്തിക്കുന്നവര് അത് ഫിലോസഫിയോ സയൻസിലായാലും ശരി മെത്താറ്റിക്സിലായാലും ശരി എവിടെ ആയാലും ശരി അവരും ശ്രമിക്കുന്ന എന്താണോ റിയാലിറ്റി എന്താണോ തിരിച്ചറിയൽ അപ്പോ ഇതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിക്കുക ഒരുപാട് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ബ്രെയിനിൽ ലോഡാണ് അങ്ങനെ വരുമ്പോൾ ബ്രെയിൻ എന്താ ചെയ്യുന്നത് ശരിക്കും ബ്രെയിൻ നമുക്ക് കാണിച്ചു തരുന്നത് ഇൻഡയറക്റ്റ് അഭിയാനിക്കുകയാണല്ലോ അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചിന്തകളിലൂടെ നമ്മൾ അതിനേക്ക് അടുക്കും അതിലേക്ക് അടുക്കുമ്പോൾ ഇൻഡയററ്റ് അഭിയാലേക്ക് അടക്കും നമ്മുടെ അനുഭവത്തിലേക്കടക്കും അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഡീ പെസണലൈസേഷൻ എന്നാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ശരീരം വേറെ എനിക്ക് ശരീരമായിട്ട് വന്നു ശരീരത്തിൽ തന്നൊരു സാക്ഷിയായി കാണാൻ ഈ വേദാന്തികൾ കഷ്ടപ്പെട്ട് ശ്രമിക്കുന്ന ശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ീ ശരീരത്തെ ഒരു സാക്ഷിയായി ശരീരത്തെ സാക്ഷിയായി മാറി എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഘടകഷ്ടോ ഘടാഗ് ദേഹദൃഷ്ടോ യഥാകഥ എന്നൊക്കെ പാട്ടുപുസ്തകങ്ങൾ പറയും അതായത് പാത്രത്തെ കാണുന്നവനെങ്ങനെയാണോ തന്റെ പാത്രത്തിൽ നിന്ന് വേറെയാണെന്നറിയുന്നത് അതുപോലെ ദേഹത്തെ കാണുന്നവനോ തന്റെ ദേഹത്തിൽ നിന്ന് വേറെയാണെന്നറിയണം ഇങ്ങനെ എന്നുള്ള ഈ കേട്ടവെച്ച് കൊണ്ട് ഇവൻ അത്യാഗ്രഹിയായ അവൻ എന്തേലും നിരന്തരം ഇതിനെ സാക്ഷി സാക്ഷിയായി ഇവനെ ഈ ശരീരത്തെ കാണാൻ ശ്രമിക്കും ബ്രെയിൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും പാവം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ ശരിക്കും ബ്രെയിൻ മോഡലിംഗ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിയാലിറ്റി അല്ല ഇൻഡയറക്ട് റിയാലിറ്റി ഇവനെ ബ്രെയിനെ സംബന്ധിച്ച് വനെ ഈ കഷ്ടപ്പാടിനെ സഹായിക്കാൻ വളരെ എളുപ്പമാണ് അപ്പോ അവൻ കാണുന്നെന്താണ് ഇത് ഞാനൊരു സാക്ഷിയാണ് ശരീരം എന്ന് പറയുന്നത് സാക്ഷ്യമാണ് ശങ്കരാചാര്യ ശരിക്കും പറയുന്ന എന്താണ് ശങ്കരാചാര്യ പറയുന്നത് ആത്മാവാണ് അത് തന്റെ ഉള്ളിൽ വരിക്കുന്നു സർവപ്രപഞ്ചത്തിന്റെയും അധിഷ്ഠാനമായി അത് ഈ പ്രപഞ്ചത്തിന്റെ സാക്ഷിയാണ് എന്നാണ് ഇവിടെ സാക്ഷി സാക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് അതൊരു ഫിലോസഫിക്കൽ ഇൻസൈറ്റ് അതൊരു ഇമോഷണൽ എക്സ്പീരിയൻസ് അല്ല സംഗ്രഹമാണ് പക്ഷെ പിൽക്കാലത്ത് എന്താ ചെയ്യുന്നു അതിനെ ചിന്തിച്ച ആൾക്കാരും അവർ വിചാരിക്കുന്ന ഒരു മാറ്റിയല്ല മാറ്റിയല്ല ഡ്രെയിൻ മാറുന്നതാണ് ഇത് നിങ്ങൾ തീവ്രമായി അദ്ദേഹത്തെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാം ശരീരത്തിൽ ഞാൻ സാക്ഷിയാണ് ഒരു എക്സ്പീരിയൻസ് ഒരു ബൗദ്ധികമായ അറിവായിട്ടുള്ള എക്സ്പീരിയൻസ് തീവ്രമായി ചിന്തിക്കുന്ന ആർക്കും ഉണ്ടാകും അപ്പോഴാണ് നമുക്ക് രണ്ടും കൂടെ വ്യത്യാസം മനസ്സിലാവുന്നത് എക്സ്പീരിയൻസ് എന്താണ് ഇൻസൈറ്റ് എന്താണ് ഈ വ്യത്യാസം അപ്പോഴാണ് മനസ്സിലാവും പണ്ട് ശങ്കരാചാര്യ തിരിഞ്ഞു പോകുമ്പോൾ മനസ്സിലാവും ശങ്കരാ എക്സ്പീരിയൻസിനെ കുറിച്ചല്ല മറിച്ച് ഇൻസൈറ്റിനെ കുറിച്ചാണ് എന്ന് തിരിച്ചറിയുമ്പോ തിരിച്ചറിയുന്ന ഒരുപോലെ ഈ എക്സ്പീരിയൻസിന് ഒരു പ്രാധാന്യം കൊടുക്കത്തി അത് നല്ല അഭ്യാസമുണ്ട് ണ്ടായ ഒരു അനുഭവമാണ് അത് കളയേണ്ടതാണ് കാരണം എന്താണ് അത് എപ്പിസോഡിലാണ് ചിലപ്പോൾ ഒരു മിനിറ്റ് നിൽക്കി രണ്ട് മിനിറ്റ് നീക്കുകയാണെങ്കിൽ ഒരാഴ്ച നിൽക്കും പൊതുദിവസം വന്നുകഴിഞ്ഞാൽ അതിന് ഒരു പ്രശ്നം ഇതിൽ പറയുന്നത് ഇത് ലോകം മുഴുവൻ ഇതിനെ പഠനം നടത്തുന്നതാണ് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം അതാണ് പറഞ്ഞത് പ്രപഞ്ചം മിക്കയാണ് ഇതല്ല സത്യം എന്നുള്ള അനുഭവ സഞ്ചരായത്തിൽ മാത്രമല്ല നമ്മൾ പലരും പറയും പല ഫിലോസഫേഴ്സും നടക്കും ഇതിനെയുള്ള റിയാലിറ്റിയെക്കുറിച്ച് ചിന്തിച്ചിട്ട് പലർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതിനെ കുറിച്ചുള്ള പഠനങ്ങളും ലോകത്തില് കുറെ കാലമായി നടക്കുന്നുണ്ട് എന്താ സംഭവിക്കുന്നത് ബ്രെയിൻ സയൻസ് കൃത്യമായ മറുപടി പറയുമ്പോൾ അത് എക്സ്പീരിയൻസ് ആയി എന്നുള്ള പ്രശ്നം ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി ശരി ഞാൻ ശരീരത്തിൽ മിന്നനാണ് പക്ഷെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായാലും ശരീരം യഥാർത്ഥമാണ് എന്നുള്ള അനുഭവത്തിൽ നിന്നുകൊണ്ടേക്കാണ്ട് ജീവിതവും പ്രവൃത്തിയല്ല അനുഭവം മാറുന്നില്ല കാരണം അനുഭവം എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത് ശരിക്കും നമ്മുടെ ഫിസി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ബ്രെയിൻ ഉണ്ടാക്കുന്നതാണ് പക്ഷേ അതിനെ തന്നെ പിന്തുടർന്ന് അതിനെ നിലനിർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറേ അയാളുടെ സ്വഭാവത്തിനും പെരുമാറ്റത്തിനുമൊക്കെ വിചിത്രമായ അനുഭവങ്ങളുണ്ടാവും പലർക്കും വൈരാഗ്യം കൂടുന്നതും സന്യാസം കൂടുന്നതും ഒക്കെ ഇതിനെ തുടർന്നാണ് അതുപോലെ എല്ലാത്തിലും ഞാൻ വിരക്കനായി പലരും കുടുംബ ഉപേക്ഷിച്ചു പോകും ഭാര്യ ഭർത്താവ് ഭർത്താവ് ഭാര്യ ഉപേക്ഷിക്കുന്നു പലതരം ഡിറ്റാച്ച് അത് ഇത്തരത്തിലുള്ള തത്വചിന്ത കൊണ്ടല്ല മറ്റ് സ്ട്രെസ്സുകൾ കൊണ്ടും വരാം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടെ വിചിതമായി പഠിക്കണമെങ്കിൽ മയോക്ലിനിക്കിന്റെ സൈറ്റിൽ പോയി വായിക്കും അല്ലെങ്കിൽ വെബ് എം ബി മെബ് സൈറ്റിൽ പലതിനും ഉണ്ട് ഞാൻ പലയിടത്തും തോന്നി ഇവിടെയൊക്കെ അതിനെക്കുറിച്ച് ആധുനിക ന്യൂറോ സയൻസിന്റെ പഠനങ്ങളാണ് അപ്പോ മനുഷ്യൻ ഇങ്ങനെ വിദഗ്ധനാകുന്നു സന്യാസത്തിലേക്ക് പോകുന്നതിനൊക്കെ പെട്ടെന്ന് ആൾക്കാരുടെ മാറ്റം വരുന്നതിനൊക്കെ ഒരു കാരണം ഇതാണ്ട് എല്ലാത്തിനും ഒരു വിരക്കി ഇതൊന്നും താൻ വേറെയാണെന്നൊരു തോന്നല ഇതിനോടൊന്നും എനിക്കൊരു ബന്ധമില്ല എന്ന് തോന്നുക ഭാര്യ എന്റെ അല്ല മക്കൾ എന്റെ ലോകം എന്റെ ഉടനെ വണ്ടി പിടിക്കേണ്ട ആശ്രമത്തിന് ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിരിക്കുന്ന ഒരു പയ്യനോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് എന്താ ആഗ്രഹം കത്തുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എനിക്കൊരു ഡോക്ടറാവുന്നു അപ്പം എന്റെ അച്ഛൻ അടുത്തൊന്നുകൊണ്ട് പറഞ്ഞ് നല്ലോണം പഠിക്കുന്നുണ്ട് അവൻ പുള്ളിയെ പ്രസംഗം വാങ്ങിക്കും പക്ഷെ ഇവന്റെ ഒരു ശക്തി കണ്ടിട്ട് ഇവന്റെ ഒരു സ്വാമിയാവും എന്നാൽ തോന്നുന്നു എന്ന് പറഞ്ഞു അതാണ് അവൻ എന്നോടും അവന്റെ അച്ഛനോടും കൂടെ പറയുന്നു ഈ അച്ഛന് അറിവില്ലാത്ത കൊണ്ട് പറയുന്നതാണ് ചിന്താവിഷ്ടയായ ശ്യാമള കണ്ടവര് തോരിക്കലും സ്വാമിയാവത്തില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ല എന്റെ അടുത്താലത്ത് ചിന്താഭിഷയായ ശ്യാമളെന്ന് പറഞ്ഞ ശ്രീനിവാസിന്റെ ഒരു സിനിമയാണ് ഇത് എന്നെ പ്രശ്നം പുള്ളി പുള്ളി എന്ന അവനെ തടയക്കിരിക്കു പറഞ്ഞു അവന്റെ അച്ഛനും ചിരിച്ചു കഥ പൂർത്തിയായി പെട്ടെന്ന് പുള്ളിക്ക് വിരക്തി വരികയാണ് ഭാര്യയോടും മക്കളോടും എല്ലാം ഉപേക്ഷിച്ചിട്ട് സ്വാമിയെ ശരണം എന്ന് പറഞ്ഞു പോകുന്നു പിന്നെ സ്വാമിയാവുന്ന അപ്പോ ഈ ആൾക്കാരെ സ്വാമിയാക്കുന്ന എങ്ങനെയാണ് ശ്രീനിവാസൻ എന്നൊരു പാവനുശ് ഞാൻ പിന്നെ ആ സിനിമ കണ്ട് എന്താണെന്ന് അറിയുന്നുണ്ട് അപ്പോ ഒരുപാട് പേര് സ്വാമിയാക്കുന്ന എങ്ങനെയാണ് ഡിറ്റാച്ച് ചെയ്ത് വിരക്ക് ഇതൊക്കെ സംഭവിക്കുന്ന എങ്ങനെയാണ് ഇതൊക്കെ പറയാമോ ഇവിടെ പറയാമോ അതൊക്കെ ഫിറ്റാകും അറിഞ്ഞിരിക്കുന്നുണ്ട് അവനവന്റെ ജീവിതത്തെ കുറിച്ച് ബോധം ചെയ്യണം രോഗബോധമൊന്നും ഉണ്ടായിട്ടില്ല എന്തൊക്കെയാ അവനവന് സംഭവിക്കുന്ന അങ്ങനെ ഒരു ഇത് വരുന്നു അയാൾ പൂർണ്ണമായും ഡിറ്റാച്ച്ഡ് ആകുന്നു അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞു കാരണം ചിലപ്പോൾ മാസം മാസങ്ങളോളം നൽകുന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നീട് ചിലപ്പോൾ അത് പ്രശ്നമായി മാറാം അപ്പോൾ അവർ വിചിത്രമായി പെരുമാറും വീട് വീട്ടിറങ്ങിപ്പോകും ലോകത്തോടും ഒരു കണക്ഷൻ നൽകിയിട്ടില്ല ഇമോഷണൽ നമ്പിനെസ് ഇമോഷണൽ ഡിസ്കണക്ഷൻ ഇതൊക്കെ സംഭവിക്കുന്നു എന്നാൽ കൂടുതലായ എക്സ്പീരിയൻസ് എന്താണോ ഞാൻ ഈ ശരീരത്തിൽ നിന്ന് പേരെയാണ് എനിക്കിതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല അത് ശരീരമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴാണ് പറയുന്നത് ഡീ പെഴ്സണലൈസേഷൻ ഇനി പ്രപഞ്ചമായി ബന്ധപ്പെട്ട് വന്ന ആളാണ് പറയുന്നത് ഡീ റിയലൈസേഷൻ ഇതും സാധാരണ മനുഷ്യർക്ക് തോന്നാറുണ്ട് ഒരു സ്വപ്നമാണ് ഇതെന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് അത് അദ്വൈതം ശരിക്കും വിചാരം ചെയ്യുന്നവരും പറഞ്ഞിട്ടുണ്ട് അദ്വൈതമായിട്ട് ഒരു ബന്ധമില്ലാത്തവരും പറഞ്ഞിട്ടുണ്ട് ഒരാൾ ഗൾഫിൽ പോയി കുറെ കാലം പണിയിൽ പാസക്കൾ ഉണ്ടാക്കി എല്ലാം തകർന്നു വലിയ സ്പ്രെസ്സം കുറിച്ച് നാട്ടിവന്നു അയാൾ വളരെ കോൺഫിഡൻസോടുകൂടി എന്നു പറഞ്ഞു ഈ ലോകം സ്വപ്നമാണ് ഞാൻ ചോദിച്ചു നിങ്ങളെങ്ങനെ മനസ്സിലായി എങ്ങനെ മനസ്സിലാക്കി ഞാൻ ഭഗവത്ഗീത വായിച്ചിട്ടില്ല രാമായണം വായിച്ചിട്ടില്ല ഒരു വശവും വായിച്ചു പക്ഷെ എനിക്ക് ഒരു സമയപ്പൊ ഗൾഫിൽ വെച്ച് എനിക്ക് തോന്നാൻ തുടങ്ങി ഇതൊരു സ്വപ്നമാണ് ഞാൻ ഉടനെ അവിടെ കൊണ്ടു കഴിഞ്ഞു നാട്ടിവന്നു നാട്ടിവന്നപ്പോ സാധാരണ ജീവിതം അസാധ്യമായി കണ്ട് ഇയാളെ സംബന്ധിച്ചത് സ്വപ്നമാണ് ഇയാള് വിദഗ്ധനായും ഒന്നിനോടും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാതെ എല്ലാവരോടും ഉള്ള ബന്ധങ്ങളെല്ലാം താളം നൽകി വീട് പേക്ഷിച്ച് പറയുന്ന ആശം കൊണ്ടു തോന്നുന്നു ഇത് ഇയാൾ ഓരോ ശാസ്ത്രവും പഠിച്ചിട്ടുണ്ട് അയാള് പറയുന്ന പ്രപഞ്ചസൂത്രമാണ് അയാൾ മരിച്ചുപോയി വേറൊരാളെനിക്കതുപോലെ പരിവുണ്ട് അയാളൊരു സിനിമാഭ്രാന്തനാണ് ഇത് കഥയല്ലെന്ന് എന്ന് ഞാൻ പറയുന്നു സിനിമയിൽ അഭിനയിക്കാനൊക്കെ ഒരു ദിവസമായ ഒരു മതപ്രഭാഷണം കേട്ടു തേട്ട് കഴിഞ്ഞ് കാലം എന്റെ വെറുക ഇതൊക്കെ സ്വപ്നമാണ് സ്വപ്നമാണെന്നു സ്വാമിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടോ ഇതൊക്കെ സ്വപ്നമാണ് ഞാൻ ചിലപ്പോ തോന്നും പക്ഷെ സ്ഥിരം നിൽക്കാറില്ല ഏതാണ്ട് ലോകം തീവ്രമായും വിചാരിച്ച സ്വപ്നമാണെന്ന് തോന്നുന്നു പക്ഷെ അങ് മാറിപ്പോ അല്ല സ്വാമി അത് സ്ഥിരം നിക്കണം എനിക്കത് സ്ഥിരം നിക്കുന്നുണ്ട് അതായത് ആക്സിഡന്റ് മരിച്ച അടുത്തവർ എനിക്കിത് പത്തി വർഷപ്പെട്ട ഒരു ശാസ്ത്രവും വായിച്ചിട്ടില്ല ഇതോടെ ഒരു ബന്ധമില്ല തീച്ചൊരു ലൗകികമായ ജീവിതം സ്വപ്നം എന്നിട്ട് ഇത്ര എക്സ്പീരിയൻസൊന്നും വലിയ കലമ്പുള്ള കാര്യങ്ങളല്ല പക്ഷെ ഇത്ര എക്സ്പീരിയൻസ് കൊണ്ട് ചിലര് ഗുരുക്കന്മാരായിരുന്നു പറയുന്നത് വേറൊരു എന്തേലും പുറകെ നടക്കത് എന്നാണ് ഞാനീ പറയുന്ന എന്ന് വെച്ചത് ഇത്തരം എക്സ്പീരിയൻസുകൾ ഉണ്ടാക്കാൻ വേണ്ടി എന്ന് പറയുന്നതാണ് പുസ്തകമൊക്കെ നോട്ട് വെച്ച് പഠിപ്പിച്ചിട്ടും പഠിച്ചിട്ടും എന്നുള്ള എന്റെ അനുഭവം എന്ന് പറയുന്നത് പഞ്ചസാര എന്ന് പറയുന്നത് അത് കഴിച്ചു തന്നെ മധുരിക്കണം അല്ലാതെ മധുരമെന്നറിഞ്ഞാൽ പോരാ അതുപോലെയുള്ള ഒരു വ്യത്യാസം നിങ്ങളീ പറയുന്നത് നിങ്ങളുടെ ബൗദ്ധികമായ ജ്ഞാനമാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എനിക്ക് എക്സ്പീരിയൻസും എന്താ പറയും നിങ്ങളുടെ നിൽക്കാതിരുന്നാൽ ബാക്കി അവസാനം പ്രശ്നമായി മാറും എന്തായാലും ഇതിന് പ്രശ്നമാണെന്നും ന്യൂനോ സയൻസ് പറയുന്നു ബ്രെയിൻ ഇതൊരാറാണെന്നോ സൈക്കോസിസ് ആണെന്നോ ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള കേസാണെന്നോ പറയുന്നില്ല പക്ഷെ നീട്ടിക്കൊണ്ടുപോകും വല്ലപ്പോഴൊക്കെ ഇത് ഇങ്ങനെ തോന്നിയെന്ന് വിചാരിച്ചൊരു പ്രശ്നമാണ് ഒരു ഉദാഹരണം പറയുക നമ്മളൊരു മോവി കണ്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഉദാഹരണം പറയുന്നു സൗണ്ടുണ്ട് നല്ല കാഴ്ചകളുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കെ പെട്ടെന്ന് ഡിസ്കണക്റ്റ് ഇമോഷണൽ ഡിസ്കണക്ഷൻസ് അവിടെ കഥാപാത്രങ്ങൾ കരയുന്നു അടിക്കുന്നു ഇടിക്കുന്നു ഓരോ പ്രതികരണവും നിങ്ങളുടെ ഉണ്ടാക്കുന്നില്ല ഞാനൊന്നും അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതാണ് പക്ഷേ ഇമോഷണൽ എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് സംഭവിക്കുന്നു അത് നഷ്ടപ്പെട്ടു അതല്ല മനുഷ്യന് എപ്പോഴും വേണ്ട ഒരു കാര്യമാണ് നമ്മുടെ എൻവയൺമെന്റുമായിട്ട് ഇമോഷണൽ എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് മൂവി കണ്ടുകൊണ്ടിരിക്കും അത് അത് ഒരു എപ്പിസോഡിക്കായ അനുഭവമാണ് അത് ഡീറിയലൈസേഷനാണ് ബാഹ്യമായ യാഥാർത്ഥ്യമൊന്നും അതിനെ ഗ്രഹിക്കുന്നില്ല അതെങ്ങനെ സംഭവിക്കാം വലിയ സ്ട്രെസ് ഉണ്ടാക്കിയ സംഭവിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വേദാന്തം ചിന്തിച്ചാലും ഏത് രീതിയിലായാലും ബ്രെയിനെ കുറച്ച് സ്ട്രെസ് ഉണ്ടാക്കിയ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത് ഇതൊക്കെ കേൾക്കുക പഠിക്കുക എന്ന് പറയുന്നത് ബ്രെയിൻ സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് മാറ്റിയെടുക്കുന്നത് അതിനാണ് ഞാൻ ഒന്ന് പറഞ്ഞത് സ്പിരിച്വൽ ടോർച്ചറുകളിലൂടെ ഇത് കുറെയൊക്കെ ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നുകൂടെ പറയുകയാണ് വായിച്ച് കേട്ടറിൽ പറയുക ഇത്തരം ചില അനുഭവങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നുപോയി ഞാൻ പിന്നെ എന്തുകൊണ്ടൊരു അവതൂതനായിട്ട എന്തുകൊണ്ടാണ് ആഘാത് ഞാൻ ഈ കണക്ഷൻ പുനഃസ്ഥാപിച്ചാണ് കണക്ഷൻ വിട്ടുപോകുന്നതല്ല കാര്യം കണക്ഷൻ പുനഃസ്ഥാപിക്കാവുന്ന ഇമോഷണൽ എൻഗേജ്മെന്റ് അത് ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് പ്രധാനമായ കാര്യം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പെരുമാറ്റ രീതികളുടെ നാം വളരെ വ്യത്യാസം വരും നിങ്ങൾ മറ്റുള്ളവരുടെ ദൃഷ്ടിയിലും ഒരവധൂതനാവും സ്വയം നിങ്ങൾ അഭിനോർമനാവും സ്വാഭാവികമായിട്ടും ഇന്നത്തെ ലോകത്താണെങ്കിൽ നിങ്ങളെ പൂജിക്കാനും മാലിടാനും എല്ലാത്തിനും ആൾക്കാർ ഒരുപാടുണ്ടാവും അറിയാനിട്ടുമായിട്ട് നിങ്ങൾ യാതൊരു ഈ രണ്ട് കാര്യങ്ങൾ നമ്മളിത് സംഭവിക്കാതിരിക്കുക ഒന്ന് പ്രപഞ്ചം വിധിയാണെന്ന് പറയുന്നത് ശങ്കരാചാര്യം പറയുന്നവര് ബൗദ്ധിക സത്യമാണ് അവര് ഒബ്ജക്റ്റീവ് റിയാലിറ്റി ആണെന്നുള്ളതല്ല ഞാൻ പറയുന്നത് ബൗദ്ധികമായ യാഥാർത്ഥ്യം ബുദ്ധിമുട്ട് നിങ്ങൾ തീരുമാനം ഒരു യാഥാർത്ഥ്യമാണ് ശങ്കരാചാര്യ അത്രേ അതിന് യാതൊരു പ്രശ്നവും ഉണ്ടാവും ഫിലോസഫിക്കലായി ചിന്തിക്കും എന്നിട്ട് ചില കൺക്ലൂഷനിലൊക്കെ ചെയ്യും അത് റിയാലിറ്റിയെ സംബന്ധിച്ച് പലതരത്തിലുള്ള പഠനങ്ങളുണ്ട് സയന്റിഫിക്കായിട്ടുള്ള പഠനങ്ങളുണ്ട് അതുപോലെ തന്നെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള പഠനങ്ങളുണ്ട് മെറ്റാഫിസിക്കലായിട്ടുള്ള പഠനങ്ങളുണ്ട് പലതരത്തിലും അതൊരു പഠനമുണുശങ്കരെന്ന് പറയുന്നത് സത്യമന്ത്ര അങ്ങനെ ധരിക്കുന്നുണ്ടെന്നൊക്കെ പ്രത്യേകിച്ച് നഷ്ടം ഒന്ന് സംഭവിക്കാൻ ആഭവത്ര പറയുന്നു അങ്ങനെ ഒരു അറിവുണ്ടാകുമ്പോ ഈ പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യത്തിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ ചങ്കരാഗണിക്കുന്ന താരത്വം നിങ്ങളുടെ ഇത് അസത്യം നിങ്ങൾക്ക് ഇതെല്ലാം സത്യമൊന്നു തന്നെ ആ അനുഭവത്തിനോട്ട് മാറ്റം വരില്ല അത് ഈ പറയുന്ന ഇമോഷണൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അങ്ങനല്ല അവർ പറയുന്നത് സ്വപ്നമാണോ പക്ഷെ അവർ വീണ്ടെങ്കിൽ ലോകത്ത് ജീവിക്കുന്ന സത്യമൊന്നും കണ്ടും മറിഞ്ഞും പെരുമാറിയാണ് അപ്പൊ ശങ്കരാചാര്യത്തിന് വ്യക്തമായി മനസ്സിലാക്കി എന്താണ് ശങ്കരാചാര്യ പറഞ്ഞത് ഒരുപാട് ദൃഷ്ടാന്തങ്ങളാണ് മരും മരീചികയുടെ ദൃഷ്ടാന്തം ദിഗ്ഭ്രമ ദൃഷ്ടാന്തം എല്ലാ പറയും നിങ്ങൾ സത്യം ഇന്നതാണ് അസത്യം ഇന്നതാണെന്ന് നിങ്ങൾ ധരിച്ചു ദിഗ്ഭ്രമം പോലെ ദിക്കിന്റെ ഭ്രമം മാറിയാലും പഴയതുപോലെ തന്നെ മരും മരീചിക എന്ന് ബോധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അനുഭവം എന്ന് പറയുന്നത് എന്തുകൊണ്ട് അങ്ങനൊരു റിയാലിറ്റി ഉണ്ട് അതുകൊണ്ട് ശങ്കര വ്യാവഹാരിക സത്യം എന്നിട്ട് പറയുന്നത് പരമാർത്ഥികമായി സത്യം എന്നത് ബോധിക്കുന്നേ ഉള്ളൂ വ്യാവഹാരികമായി സത്യം മരിക്കുന്നവരെ തുടരും ഉന്നതികൾ വരുമരിക്ക കണ്ടിട്ട് അസത്യം ഒന്ന് ബോധിച്ചാലും സത്യമൊന്നേനോ തോന്നെ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളുടെ നിശ്ചയം എന്തായാലും ശരി നിങ്ങളുടെ അനുഭവം പഴയതുപോലെ തന്നെ തുടരും പ്രപഞ്ചം നേതൃത്വിക്കലും സ്വപ്നമാകത്തില്ല സ്വപ്നം പോലെയാകട്ടെ പ്രപഞ്ചം നേതൃത്വരിക്കലും മരുമരീചിക ആകത്തില്ല മരുമരീചിക പോലെയാവത്ത പക്ഷേ അതിനൊരു മാറ്റം നമുക്ക് ഉൾക്കാറില്ല അത് മാറ്റവും മൂലത്തെ എന്താണ് അതിൻ്റെ മിസ്ഇന്റർപ്രിട്ടേഷൻ ചങ്കരാരി സംസാരിക്കുന്ന ഓരോരനുഭൂതിയെക്കുറിച്ചാണ് ആൾക്കാർ വ്യാഖ്യാനം ചങ്കരായും പറഞ്ഞില്ല എനിക്കിങ്ങനെ ഒരു അനുഭൂതിയുണ്ട് ഞാനിതാ പ്രപഞ്ചത്തെ സ്വപ്നം പോലെ കാണുന്നു നിങ്ങളും പ്രപഞ്ച സ്വപ്നം പോലെ ഞാൻ പ്രപഞ്ചത്തെ സ്വപ്നമായി കാണുന്നു നിങ്ങളെല്ലാവരും പ്രപഞ്ചത്തെ സ്വപ്നമായി കാണുന്നു ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകളൊന്നും ചങ്കരായരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല ഞാൻ തൽക്കാലത്തുള്ള പാട്ടുപുസ്തകങ്ങളിലുണ്ടായിട്ടുണ്ട് വിവാഹ ചൂടാമണി പോലെയുള്ളതൊന്നും പഠിക്കരുതെന്ന് ഞാൻ പറയുന്നതുകൊണ്ടാണ് നിങ്ങളുടെ തലതിരിഞ്ഞു പിന്നെ നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലാതെ പഠിച്ചാൽ പോയി മനസ്സിലാവില്ല മനസ്സിലാകുകയാണ് തലതിരിക്കുന്ന സംഭവങ്ങളാണ് സംഗ്രഹയുടെ കാഴ്ചപ്പുണ്ട് പിന്നെ ഇതിലൊക്കെ ഒരു ഗുണമാണ് കോമഡി കാണുന്ന പോലെ മൂവി കാണുന്ന പോലെയാണ് പറയാനും കേൾക്കാനും ഇപ്പൊ ഒരു സുഖമാണ് സുഖകരമായി പറഞ്ഞാൽ പറയാനും കേൾക്കാനും ഒക്കെ സുഖമുള്ളത് അതുകൊണ്ട് മനുഷ്യനതിലേക്ക് ആകർഷണമാണ് പിന്നെ ഇങ്ങനെ ഒരു അനുഭവം കഴിഞ്ഞാലോ എന്താണ് ഇതൊരു സ്വപ്നമാണ് ഞാൻ സാക്ഷിയാണ് എന്തുകൊണ്ടിങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാകുന്നുവെന്ന് വിശദീകരിക്കാൻ കഴിയാത്ത കാലഘട്ടത്തിൽ അത് കഴിഞ്ഞു വെച്ചു എന്തുകൊണ്ട് അത് മനുഷ്യനെ ബ്രെയിനിനെ കുറിച്ച് അറിയത്തില്ല അന്ന് അനുശേസിനെ പോലെയുള്ള ആൾക്കാരൊന്നും അന്ന് ജീവിച്ചിരുന്നില്ല അത് സയൻസിന്റെ കാലമായിരുന്നില്ല കേവലം ദർശനങ്ങളുടെ കാലമാണ് തത്വശാസ്ത്രങ്ങളുടെ കാലം അന്ന് മറിച്ച് ചിന്തിക്കുന്നതിനുള്ള ഒരു പഴുതും മനുഷ്യരുണ്ട് അതുകൊണ്ട് അനുഭവങ്ങൾക്ക് അവർക്ക് പ്രാധാന്യം കൊടുക്കും അതിനാൽ മുഖവനക്കും അനുഭവങ്ങൾക്കനുസരിച്ച് അവർക്ക് ജീവിക്കാൻ ശ്രമിച്ചു പക്ഷേ അനുഭവങ്ങൾ ചിലപ്പോ കുഴപ്പത്തിൽ കൊണ്ട് ചാടിക്കും എന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയും അതുകൊണ്ട് ഈ ഒരു കാര്യത്തിന് സ്വന്തരായ നിലപാടാണ് കറക്റ്റ് ശങ്കരാതിന്റെ അങ്ങനെ ഒരു ഇമോഷണൽ എക്സ്പീരിയൻസ് ഉണ്ടായിക്കൊണ്ടുപോയില്ല കാരണം അവിടെ ശങ്കരാ ശങ്കരാർക്ക് വേണ്ടത് എന്താണ് താൻ പറയുന്നത് മറ്റുള്ളവർ അംഗീകരിക്കുകയും ബോധ്യം ശങ്കരക്കാർ പ്രാധാന്യം കൊടുത്തത് ഈ വൈകാരികമായ ഭാവങ്ങൾക്കല്ല ബൗദ്ധികമായ സ്ഥിരതയ്ക്കാണ് ശങ്കരാഷ്യന തിരിച്ചറിയുന്നില്ല അവിടെ അങ്ങനെ ദുർവ്യാഖ്യാനില്ല ഇന്നും ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന അദ്വൈതികൾ പലരും ഈ ദുർവ്യാഖ്യാനങ്ങൾ പിന്തുടരുന്നവരാണ് എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു ഇവരായി ചന്ദ്രസിക്കുന്ന ഭാഷയിൽ നേരെ പഠിക്കുന്നില്ല സംസ്കൃതത്തിൽ ചെയ്യുന്നു സംസ്കൃതം അറിയത്തില്ല ഇതൊക്കെ ആഴത്തെ ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള ഭൗതിക ശേഷി ഇവരെല്ലാം വികാരതൽപ്പരാണ് വികാരങ്ങളിൽ കിടന്ന് പുഴരാനാണ് അവരുടെ കാര്യം രാജിക്കടന്ന് ഇങ്ങനെ വൈകാരികമായി ഉത്തേജനം എന്തെങ്കിലും പറയും ഇത് വളരെ വൈകാരികണ്ടാക്കുന്നേറെ ഞാൻ സാക്ഷികൾ ഈ സാക്ഷികൾ എന്ന് പറയുന്ന കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പഴയ ക്ലാസ്സുകളിൽ നിലപാട് ഈ ശങ്കരാടെ നിലപാടെല്ലാം എന്നുവെച്ചാൽ ഇന്ന് വ്യാഖ്യാനിക്കുന്ന തരത്തിൽ പഴയ ക്ലാസ്സുകൾ എത്തിച്ചാൽ ഈ എക്സ്പീരിയൻസിനെ കുറിച്ചും ഞാൻ പറഞ്ഞു ഇന്ന് വ്യാഖ്യാനിക്കുന്ന ശങ്കരാതല്ല ചൂറുകാര്യ സത്യമാണ് ശങ്കരൻ പറയുന്നത് എന്താണ് ഈ പ്രപഞ്ചം തന്നെ ലാണോ നിക്കുന്നത് അതുകൊണ്ട് തന്നെ അസ്വപ്നം പോലെ നിലനിൽക്കുന്നു മരുമരീത് പോലെ പക്ഷേ അതൊരിക്കലും എന്തെല്ലാം ഈ വ്യാഖ്യാനിക്കുന്നത് പോലെ എന്നുള്ള പ്രത്യേകിച്ച് ഈ വ്യാഖ്യാരി ഇന്നതുപോലെയുള്ള ഒരു വൈകാരിക അനുഭവമല്ല കാരണം ഈ അറബ് അനുഭവം എന്ന് പറയുന്നത് പര്യായ സത്യങ്ങളാണ് പക്ഷെ നിങ്ങളുടെ ഈ വ്യാഖ്യാനം ഉണ്ടായിരുന്നില്ല പഞ്ചസാര കാണുന്നതും പഞ്ചസാര കഴിക്കുന്നതും എന്നതെന്ന് വളരെ കുഴപ്പം പിടിച്ച സാധനം ആണെന്ന് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ അദ്വൈതത്തിലേക്ക് കൊണ്ടുപോന്നു കഴിഞ്ഞാൽ പ്രശ്ന പിന്നെ ഏതെങ്കിലും രസാനുഭൂതികളെ കുറിച്ച് പറയുമ്പോൾ അതൊക്കെ പറയാം കുഴപ്പമൊന്നും ശരിക്കും അങ്ങനെയാണല്ലോ പഞ്ചസാര കണ്ടാൽ അറിയുകയില്ല അനുഭവിച്ചാലേ പഞ്ചസാര സംബന്ധിച്ചത് മൂന്ന് ശതമാനം ശരിയാണ് അദ്ദേഹം അങ്ങനെ അല്ല അത് വൈകാരികമായ അനുഭവം അല്ല അപ്പോ മനസ്സിന് ഒരുപാട് സ്ട്രെസ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ അത് അദ്ധ്വനം തന്നെ വേണം ഓവർത്തിങ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ വൈകാരിക അനുഭവങ്ങൾ നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന നിങ്ങളുടെ ബ്രെയിനാണ് അതിന്റെ പ്രൊട്ടക്ഷൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നതിന് ചുരുക്കം അതിന്റെ ടെൻഷൻ കുറയ്ക്കാൻ പറ്റും അത് ഇത്തരം ശാസ്ത്രങ്ങളൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ തീവ്രമാക്കി അങ്ങനെയുള്ള അനുഭവങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ട് ചാടിക്കും പക്ഷെ അദ്വൈതം ഞാനോ അതല്ലാന്ന് തിരിച്ചറിഞ്ഞിട്ട് എന്നോട് ഒരാൾ പറഞ്ഞു എനിക്കിപ്പോ നേരിട്ട് പറഞ്ഞതിനനുസരിച്ച് ഒരു രണ്ടു വർഷം ആളിനെ പറഞ്ഞാൽ നിങ്ങളെല്ലാം അറിയും പറയുന്നില്ല എന്നോട് പറഞ്ഞു എനിക്കിപ്പോൾ സ്വപ്നമായിട്ട് അനുഭവപ്പെടുന്നു ഞാൻ പറഞ്ഞത് കുഴപ്പമാണ് നിങ്ങൾക്കിത് സ്വപ്നമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇത് ഇതെല്ലാം അദ്വൈതമുണ്ട് മറിച്ച് നിങ്ങളിതിന് സ്വപ്നമാണെന്ന് സ്വപ്ന തുല്യമാണെന്ന് അറിയില്ല അതാണ് അദ്വൈതം പറയും നിങ്ങൾ ഡേയ്ഞ്ചർ സോണിലേക്ക് കടന്നിരിക്കുകയാണ് തിരിച്ചു വരാം അതിനെ അനുഭവിക്കുന്നത് എല്ലാർത്ഥം ഇങ്ങനെ ശങ്കരായ പിന്നീട് ഞാനതിനെ കുറിച്ച് കൂടുതൽ പഠനം നടന്നിരുന്നുകൊണ്ടിരുന്ന മനുഷ്യർ ഇങ്ങനെ വരുന്നത് പഠനം നടത്തിയപ്പോഴാണ് ഈ വിവരങ്ങളെല്ലാം പറ്റിയത് എന്താണ് ഡീ പെഴ്സണലൈസേഷൻ ക്ലിനിക്കൽ ഡിസോർഡർ ഡി റിയലൈസേഷൻ ക്ലിനിക്കൽ ഡിസോർഡർ എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ലോകം മുഴുവൻ എന്നെ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഒരു ഒരിടത്തൊരു പ്രശ്നമാണ് പിന്നെ എന്റെ പയ്യൽ എന്നോട് പറഞ്ഞപ്പോ അതിന് കുറച്ചുകൂടെ വന്നു ഏതാണ്ട് ചിന്താവിഷ്ഠയായ ശ്യാമം സ്വാമിമാർക്ക് മാത്രമല്ല എല്ലാവർക്കും പ്രശ്നം അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും നമ്മുടെ വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കി പിന്നെ ഇങ്ങനെ സ്വപ്നമാണെന്നൊക്കെ പറഞ്ഞാലും അസ്വപ്നം പോലെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അത്ര അല്ല അതിനോടൊന്നും വൈകാരിക താഥാമ്യം അത് പാടില്ല മണിച്ച് ൗദ്ധിക നിർണയം അതാണ് കണ്ടത് നമ്മുടെ ബുദ്ധിമുട്ട് തീരുമാനിക്കുക എന്താണ് ചെയ്യുന്നത് വികാരപരമായി താതാമ്യപ്പെടൽ എന്നോട് എന്തെങ്കിലും ഒന്നിനോട് സാക്ഷിയായി നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്തരം താതാമ്യപ്പെടലിൽ സ്വയം ബൗദ്ധികമായി മാറിയില്ല എന്നുള്ളതാണ് അത് ഇന്നർ ഫ്രീഡം എന്നൊക്കെ പറയുന്നതാണ് മറിച്ച് പ്രപഞ്ചം യഥാർത്ഥമായി പ്രപഞ്ചത്തിൽ ഇടപെടുകയും ഉള്ളിലൊരു എക്സ്പീരിയൻസ് അനുഭവിക്കുകയും ചെയ്യുന്നു ഞാൻ സാക്ഷിയാണെന്നു അത് മനസ്സിലാക്കുന്നു മറിച്ച് ഞാൻ ആന്തരികമായിരുന്നു എന്നുള്ള എന്ന ൗതികമായൊരു ബോധമാണെങ്കിൽ അതിന് ദോഷം രണ്ട് രണ്ടാണ് ആ ബോധത്തെ കുറിച്ചാണ് ശങ്കരായി പറയുന്നത് അതുകൊണ്ട് ഇതിനും കൂടെ വ്യത്യാസമായി ചോദിച്ചു നന്നായി ചോദിച്ചാലും ക്യാൻസ് എനിക്ക് പറയാനൊരു അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നു